സംഗീതപ്രമാണിക്ക് തന്ത്രിനാഥത്തോടെ ദാവീദിന്റെ ഒരു ധ്യാനം സീഫ്യർച്ചെന്ന് ശൌലിനോട് ദാവീദ് ഞങ്ങളുടെ അടുക്ക് ഒളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ചമച്ചു ദൈവമേ നിന്റെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ നിന്റെ ശക്തിയാൽ എനിക്ക് ന്യായം പാലിച്ചു തരേണമേ ദൈവമേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്റെ വായിലെ വാക്കുകളെ ശ്രദ്ധിക്കണമേ അന്യജാതിക്കാർ എന്നോട് എതിർത്തിരിക്കുന്നു ഘോരന്മാർ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു അവർ ദൈവത്തെ തങ്ങളുടെ മുമ്പാകെ വെച്ചിട്ടുമില്ല ഇതാ ദൈവമെന്റെ സഹായകനാകുന്നു കർത്താവ് എന്റെ പ്രാണനെ താങ്ങുന്നവരോടുകൂടെ ഉണ്ട് അവൻ എന്റെ ശത്രുക്കൾക്ക് തിന്മ ചെയ്യും നിന്റെ വിശ്വസ്തതയാൽ അവരെ സംഹരിച്ചു കളയണമേ സ്വമേധാദാനത്തോടെ ഞാൻ നിനക്ക് ഹനനയാകം കഴിക്കും യഹോവേ നിന്റെ നാമം നല്ലത് എന്ന് ചൊല്ലി ഞാൻ അതിന് സ്തോത്രം ചെയ്യും അവൻ എന്നെ സകല കഷ്ടത്തിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു എന്റെ കണ്ണ് എന്റെ ശത്രുക്കളെ കണ്ട് രസിക്കും